റിവില്ലായ്മകൊണ്ട് തിന്മ ചെയ്യുന്നവരും പിന്നീട് ഉടൻ തന്നെ പശ്ചാത്തപിക്കുന്നവരുമായ ആളുകൾക്ക് മാത്രമാണ് അള്ളാഹുസുബഹാനഹഹുവത്ത് ആല പശ്ചാത്താപം സ്വീകരിക്കുന്നത് അങ്ങനെയുള്ളവരുടെ പശ്ചാത്താപം അള്ളാഹുസുബഹാനഹഹുവത്ത് ആല സ്വീകരിക്കും അള്ളാഹുസുബഹാനഹുവത്ത് ആല എല്ലാം അറിയുന്നവരും യുക്തിമാനുമാണ്